ം ഏഴ് യഹോവ മോശയോട് അരുളി ചെയ്തത് നോക്കൂ ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രയേൽ മക്കളെ തന്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ പറവോനോട് പറയണം എന്നാൽ ഞാൻ പറവോന്റെ ഹൃദയം കഠിനമാക്കും മിസ്രൈം ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുക്കും പറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല ഞാൻ മിസ്രൈമിൻമേൽ എന്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എന്റെ ഗുണങ്ങളെ എന്റെ ജനമായ ഇസ്രയേൽ മക്കളെ തന്നെ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെടുവിക്കും അങ്ങനെ ഞാൻ എന്റെ കൈ മിസ്രൈമ്യന്മേൽ നീട്ടി ഇസ്രയേൽ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് മിസ്രൈമ്യർ അറിയും മോശയും അഹരൂനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ അങ്ങനെ തന്നെ ചെയ്തു അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് എൺപത് വയസ്സും അഹരോന് എൺപത്തിമൂന്ന് വയസ്സും ആയിരുന്നു യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ നിങ്ങളോട് ഒരത്ഭുതം കാണിപ്പീനെന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം അതൊരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അഹരോനും അടുക്കൽ ചെന്നു യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ അഹരോൻ തന്റെ വടിവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു അത് സർപ്പമായി തീർന്നു അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു മിശ്രമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അവർ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായി തീർന്നു എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു പറവന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു അവനവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത് പറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല രാവിലെ നീ ഫറവന്റെ അടുക്കൽ ചെല്ലുക അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങിവരും നീ അവനെ കാൺമാൻ നദീതീരത്ത് നിൽക്കണം സർപ്പമായി തീർന്ന വടിയും കയ്യിലെടുത്ത് കൊള്ളണം അവനോട് പറയേണ്ടത് എന്തെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ ഹോവ എന്നെ നിന്റെ അടുക്കലയച്ചു നിയോ ഇതുവരെ കേട്ടില്ല ഞാൻ യഹോവയെന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു ഇതാ എന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും അത് രക്തമായി തീരും നദിയിലെ മത്സ്യം ചാകും നദി നാറും നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രിമ്യേർക്ക് അറപ്പു തോന്നും യഹോവ പിന്നെയും മോശയോട് നീ അഹ്നോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ വടിയെടുത്തിട്ട് മിശ്രീമിലെ വെള്ളത്തിന്മേൽ അവരുടെ നദി പുഴ കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈനീട്ടുക അവ രക്തമായി തീരും മിശ്രയും ദേശത്തെല്ലായിടവും മരപ്പാത്രങ്ങളിലും കൽപ്പാത്രങ്ങളിലും രക്തമുണ്ടാകുമെന്ന് കൽപ്പിച്ചു മോശയും അഹരൂനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ പറവന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ വടിയോങ്ങി നദിയിലുള്ള വെള്ളത്തിൽ അടിച്ചു നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു നദിയിലെ മത്സ്യം ചാകയും നദി നാറുകയും ചെയ്തു നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രമ്യർക്ക് കഴിഞ്ഞില്ല മിസ്രൈൻ ദേശത്തെല്ലായിടവും രക്തമുണ്ടായിരുന്നു മിസ്രൈമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവനവരെ ശ്രദ്ധിച്ചതുമില്ല ഫറവോൻ തിരിഞ്ഞ് തന്റെ അരമനയിലേക്ക് പോയി ഇതും അവൻ ഗണ്യമാക്കിയില്ല നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായക കൊണ്ട് എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി നദിയരികെ ഒക്കെയും ഓലിക്കുഴിച്ചു